പ്രണാമം നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രഖ്യാപിച്ചത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മയുവാ അതിൽ ശ്രീരാമനെ മുൻനിർത്തി ബ്രഹ്മസത്യം എന്ന കാര്യം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു അപ്പോൾ ഇന്ന് നമുക്ക് സീതാദേവിയെ മുൻനിർത്തി ജഗൻ മിഥ്യ എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് ബ്രഹ്മത്തിൽ അഥവാ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ മായ ബ്രഹ്മശക്തി ആയ മായ ഉണ്ടാക്കി അഴിക്കുന്ന നാമരൂപങ്ങളാണ് പ്രപഞ്ചം മായ ഉണ്ടാക്കി അഴിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നില്ല അഴിക്കുന്നുമില്ല ഇന്ദ്രജാലം ഉള്ളതാക്കി തോന്നിക്കുന്നു ഇല്ലാത്തതാക്കി തോന്നിക്കുന്നു വീണ്ടും ഉള്ളതാക്കി തോന്നിക്കുന്നു ഇല്ലാതാക്കി തോന്നിക്കുന്നു ഈ പ്രവൃത്തി ചെയ്യുന്ന ശക്തിയാണ് മായ പ്രതീകമാണ് സീതാദേവി ഇതാര് പറയുന്നു ദേവി തന്നെ പറയുന്നു അല്ല നമ്മളാരും പുതുതായി പറയുന്നതല്ല ചിലർ ചോദിക്കാറുണ്ട് ജഗന് മിഥ്യ ജഗത്തില്ലാത്തതാണ് അനന്തകോടി ദൃശ്യങ്ങളാകുന്ന നാമരൂപങ്ങൾ വസ്തുബോധം മാത്രം എവിടെയാണ് അപ്പോൾ ഈ നാമരൂപങ്ങളൊക്കെ ഇല്ലാത്തതാണ് പ്രപഞ്ചമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞാലും സാറേ അത് വളരെ അപ്രായോഗികമല്ലേ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട നമ്മൾ പറയാനുള്ള അവിടെ വളരെ ശ്രദ്ധിക്കണമേ സത്യത്തിന് സത്യത്തിൻ്റെ പ്രായോഗികത എന്താണ് സത്യം വിചാരം ചെയ്ത് ഉറപ്പുവരുത്തുക അല്ലാതെ സത്യത്തിന് പ്രായോഗികമായി കുറുക്കു വഴിയൊന്നുമില്ല പലരും ആ കുറുക്കു വഴിയാണ് അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നവർ ആ കുറുക്കുവഴിയിൽ തന്നെ വാസനാബദ്ധരായി ഉഴലുകയാണ് നേരെ കുറച്ച് ആ കുറുക്കു വഴികളിലൊക്കെ സഞ്ചരിച്ചോളുക ഒരു വിരോധമില്ല ശാസ്ത്രീയമായ സത്യം വിചാരം ചെയ്തുറപ്പിക്കണം ശാസ്ത്രവിചാരം ചെയ്തുറപ്പിക്കണം അല്ലാതെ അതുറപ്പിക്കാൻ കുറുക്കു വഴികൊണ്ടൊന്നും പ്രയോജനമില്ല ആ സത്യം ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പ് തന്നെ നമ്മെ ഈ മായാമയമായ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണം എവിടെ എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി ബോധ്യപ്പെടുത്തി തരും ഇത് ഭഗവാൻ തന്നെ ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രസന്നചേത സൗഹ്യാശു ബുദ്ധിപര്യവധിഷ്ടത്തെ അർജുന സത്യബോധം കൊണ്ട് ചിത്തം പ്രസന്നമായാൽ ആ പ്രസന്നമായ ചിത്തം ചിത്തത്തിൽ ബുദ്ധി കളിയാടി നിൽക്കും ഇവിടെ എങ്ങനെ എപ്പോൾ എന്ത് പ്രവർത്തിക്കണം ഈ മായാമയമായ ദൃശ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒളിച്ചോട്ടമൊന്നുമില്ല ഭംഗിയായി കൈകാര്യം ചെയ്യണം ജഗത്തിൽ നിന്ന് ഒളിച്ചോടണം എന്ന് വേദാന്തം ഒരിക്കലും പറയുന്നില്ല ജഗത്തിൽ തന്നെ ജീവിക്കൂ ആദ്യം പലതില്ലാത്തതാണെന്ന് ഉറപ്പിക്കൂ ആ പലതിൽ പോലും ഒന്നേ ഉള്ളൂ ബ്രഹ്മം പലതു കാണുന്നതിൽ പോലും ഒന്നേ ഉള്ളൂ സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പിക്കും സർവം ഈശ്വരമയം അപ്പോൾ ഈ പലതിൻ്റെ തോന്നലുള്ളവാക്കി മോഹിപ്പിക്കുന്ന ബ്രഹ്മശക്തിയാണ് മായ മായ എന്ന് പറഞ്ഞാൽ തന്നെ യാതൊരുവളാണോ ഇല്ലാത്തവൾ മായയെ ില്ലാത്തുള്ള എന്ന് പറഞ്ഞാൽ കാണാനൊന്നുമില്ല ദൃശ്യങ്ങളെ കണ്ടിട്ട് മായയെ ഊഹിക്കുന്നു ഐന്ദ്രജാലിക ശക്തി പോലെ ഒരു ഇന്ദ്രജാലക്കാരൻ തൻ്റെ ശക്തി കൊണ്ട് പല ദൃശ്യങ്ങളും പ്രകടമാക്കുന്നു ശക്തിയെ ഒന്നും കാണാനില്ല ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാൾക്കങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന് നാം ഊഹിക്കുന്നു അത്രയേ ദൃശ്യങ്ങൾ മാറിയാലും ശക്തിയെ കാണാനില്ല ശക്തി അനിർവചനീയ ഐന്ദ്രജാലികനായാലും ശരി ബ്രഹ്മത്തിനായാലും ശരി ശക്തി അനിർവചനീയ നിർവചിക്കാനേ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായി ദേവി പറയുന്നത് ഒന്ന് കേൾക്കാം പിന്നെ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം ശ്രീരാമതത്വം വ്യക്തമായി കേൾപ്പിച്ചു ഹനുമാനെ എന്നിട്ട് തുടരുന്നു എന്നുടെ തത്വമിനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതോ മൂലപ്രകൃതി മായ ജഗത്തിനത്തോന്നിപ്പിക്കാൻ ്രഹ്മത്തിൽ ഉണ്ടെന്ന് അല്ല ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ജഗത്തിനെ കാണുമ്പോൾ നമ്മൾ ഊഹിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ബ്രഹ്മം അങ്ങനെ ഒരു ശക്തിയെ ചലിപ്പിച്ചെന്നോ പൊന്തിച്ചുവെന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല പക്ഷെ മരുഭൂമിയിൽ കാണുമ്പോൾ കാനൽ ജലം കാണിക്കാനുള്ള ശക്തി മരുഭൂമിക്കുണ്ടെന്ന് നാം അല്ലാതെ മരുഭൂമിയിൽ പ്രത്യേകിച്ചൊരു ശക്തി കാനൽ ജലത്തെ തോന്നിപ്പിക്കാനായി ആർക്ക് കാണാൻ കഴിയും മരുഭൂമി ഉണ്ടാക്കുന്നുണ്ടോ ഒന്നുമില്ല അതുകൊണ്ടാണ് മായ മായയെ നല്ലവണ്ണം ചിന്തിച്ച് അറിയുക ആ മായയ്ക്കാണ് ഇവിടെ ദേവി മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുടേതത്വമിനി ചൊല്ലിടാ ഉള്ളവണ്ണം നിന്നോടും ഞാൻ തന്നെ മൂലപ്രകൃതിയായതോടോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവിടെ സൃഷ്ടിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തെയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നു ഇവിടെ സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നു എന്നല്ല അർത്ഥം ഒരിക്കലും സാധ്യമല്ല യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല എവിടുന്നുണ്ടാക്കും പിന്നെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു അതെങ്ങനെ എന്നോട് പതിയായ പരമാത്മാവ് തൻ്റെ ബ്രഹ്മത്തിൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഭഗവാനവിടെ ഉണ്ടായിരുന്നാൽ അല്ലാതെ ഭഗവാൻ ചലിക്കുകയോ ഒന്നും ചെയ്യണ്ട ആ സന്നിധി മാത്രം കൊള്ളു ഞാനിവ സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ചത്തെ ഒക്കെ ഞാൻ സൃഷ്ടിക്കുന്നതായി തോന്നിക്കുന്നു തത് സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം തത് സ്വരൂപക്തിങ്കലാക്കിയിടുന്നു മൂഢജനം എന്നാൽ അറിവില്ലാത്തവർ ആ സാന്നിധ്യം കൊണ്ട് ഞാൻ സൃഷ്ടിക്കുന്ന ഈ മായാദൃശ്യങ്ങളെയൊക്കെ ബ്രഹ്മമാണ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ വകയാണ് എന്നൊക്കെ മൂഢന്മാർ കരുതുന്നു ബ്രഹ്മം ഒന്നും സൃഷ്ടിക്കുന്നില്ല അനങ്ങുന്നില്ല ആനന്ദസ്വരൂപം നിശ്ചലം നിർവികാരം വാസ്തവത്തിൽ ഭഗവാനൊന്നും സൃഷ്ടിക്കുന്നില്ല തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ അല്ലേ ഹനുമാനെ ഭഗവാനൊന്നും സൃഷ്ടിക്കുന്നില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാനാണിവയൊക്കെ ഉണ്ടാക്കുന്നതായി തോന്നിക്കുമത്തത് എടോ ഭഗവാൻ ശീ ജനിപ്പിക്കലും ഒന്നും സാധ്യമല്ല തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികൾ ആ സ്വരൂപത്തിന് ജനനമരണാദി വികാരങ്ങളൊന്നും സാധ്യമല്ല നിർവികാരം തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ ആ സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ ഇങ്ങനെ തൻ്റെ സ്വരൂപം തൻ്റെ സ്വരൂപം എന്ന് വെച്ചാൽ എന്താ പിടികിട്ടാത്ത തൻ്റെ സ്വരൂപം മായ വ്യക്തമാക്കിയിട്ട് സീത രാമായണചരിതം രാമചരിതം സംഗ്രഹിച്ച് പ്രതിപാദിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അവർക്ക് വായിച്ചുകൊള്ളുക ആമിഷോജികളെ വധിപ്പാനായിക്കൊണ്ടും വിശ്വാമിത്തനോടും കൂടെ കാലം എന്നങ്ങനെ പോകുന്നു അവർക്ക് മുഴുവൻ നമ്മൾ വായിക്കണ്ടല്ലോ ആ കഥ മുഴുവൻ സംഗ്രഹിക്കുന്നു സംഗ്രഹിച്ചിട്ട് ഒടുവിൽ വീണ്ടും പറയുന്നു പോയി കാട്ടിൽ പോയി രാവണാദികളെ വധിച്ചു ഒരുപാട് രാക്ഷസന്മാരെയൊക്കെ വധിച്ചു മുനിമാരെയൊക്കെ കണ്ടു എന്നിട്ട് ദേവി പറയുകയാണ് ഇങ്ങനെ കണ്ടോ വാസ്തവത്തിൽ രാവണനെ വധിച്ചോ ബ്രഹ്മസ്വരൂപനായ ശ്രീരാമന് എന്തിനാണിതൊക്കെ പറയുന്നത് ഞാൻ ഈ കഥകളിലൊന്നും നമ്മൾ മുങ്ങിപ്പോകരുത് കഥകൾ കേൾക്കണം രസിക്കണം വേണ്ടെന്നാരും പറയുന്നില്ല പക്ഷെ അതിലൊക്കെ കൂടെ മനസ്സിലാക്കേണ്ടത് ആനന്ദസ്വരൂപമായ ഒരു വസ്തുവിനെ എന്തിനു മനസ്സിലാക്കണം നമ്മളതാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ നമ്മൾ നാളെ ജീവൻ ബ്രഹ്മമാണെന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യും അപ്പോൾ ആ ജീവൻ്റെ ബ്രഹ്മത്വം അനുഭവിക്കാൻ നമുക്കാർക്കും അനുഭവിക്കാം അതിൻ്റെ പ്രായോഗികത എന്താ അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മളെ കുറച്ചുകൂടെ വിശദമായി ചർച്ച ചെയ്യും അതിന് വലിയ പ്രായോഗികതയൊന്നുമില്ല കുറുക്കുകയൊന്നുമില്ല ആരെങ്കിലും യാഗം നടത്തൂ എല്ലാം നടത്തൂ നാമൻ ലഭിക്കൂ ഒന്നും പറ്റില്ല അതുകൊണ്ടൊന്നും സത്യത്തെ അനുഭവിച്ചറിയാൻ പറ്റില്ല സത്യത്തെ വിചാരം ചെയ്തറിഞ്ഞോണ്ടതൊക്കെ ചെയ്തോളൂ അല്ലെങ്കിൽ ആ ചെയ്യുന്നതൊക്കെ വാസനയായി മാറും തമ്മിലടിക്കാൻ ഇടയാവും കാലം യജ്ഞതപോദാന തീർത്ഥദേവാർച്ച ഭ്രമേഹി ചില ആധിശത്തോപേത് ആഹ് ക്ഷപയന്തി മൃഗമായി എന്നാണ് വസിഷ്ഠൻ രാമനോട് തന്നെ പറയുന്നത് കാലം യജ്ഞം തപസ്സ ദാനം തീർത്ഥാടനം തുടങ്ങിയ ഭ്രമങ്ങൾ ഇതൊക്കെ കർമ്മങ്ങളാണ് ഇതൊക്കെ ഒരുതരം ഭ്രമങ്ങളാണ് സത്യമറിയാതെ ഈ ഭ്രമങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ ഭ്രമങ്ങൾ വാസനയായി മാറും ഒരു തീർത്ഥാടനം നടത്തി സത്യം അടുത്താണ്ട് എല്ലാം പോകണം തീർത്ഥാടനത്തിന് ഇപ്പം ശബരിമല യാത്ര തന്നെ പോയി ആ അടുത്ത തവണയും പോകണം ഇപ്പം മല കയറി എന്നിട്ടോ നാൽപ്പത്തൊന്നാമത്തെ മല പോകണം അത്മാസുഖമൊക്കെ ആയി ഭഗവാൻ നമ്മെ ചതച്ചു എന്നാണ് മല ഞാൻ ചവിട്ടിയതാണ് ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുന്നില്ല ദുഃഖമാണ് അപ്പോൾ നാൽപ്പത് മല ചവിട്ടിയത് ഇപ്രാവശ്യം പോകാതിരിക്കുന്നതിൻ്റെ ദുഃഖം അനുഭവിക്കാനാണോ ഇവിടെയാണ് സത്യം കൂടി കൂട്ടിച്ചേരണം ശാസ്താവും ശബരിമലയും ഞാനും നീയുമെല്ലാം ഒരേ ബ്രഹ്മ തത്വം ഇതിപ്പോൾ നല്ല ഉറപ്പ് വീട്ടിലൊക്കെ ബ്രഹ്മം ഈശ്വരൻ ഇനിയിപ്പോൾ പുതുതായിട്ട് ഒരിടത്തും പോയില്ലെങ്കിലും ഒരു ദോഷവുമില്ല എന്ന ഉറപ്പ് മനസ്സിനുണ്ടാകണം അല്ലെങ്കിൽ യജ്ഞതപവോ ദാന തീർത്ഥ ദേവാർച്ചനാ ഭ്രമേഹി നമ്മൾ കാണുന്നില്ലേ ഭാഗവതത്തിൽ എത്ര പേരാണ് ജീവിതം മുഴുവൻ യജ്ഞം മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല അങ്ങനെ എത്രയോ നമുക്ക് ഭാഗവതം വായിച്ചാൽ കാണാൻ കഴിയും അതുകൊണ്ട് കുറുക്കു വഴിയില്ല സത്യം ശാസ്ത്രീയമായി വിചാരം ചെയ്തു തന്നെ അനുഭവിച്ച് അറിയണം അതാണ് ഇതാ ദേവി ശ്രീരാമൻ കാട്ടിലൊക്കെ പോയി ഹനുമാരെ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയം എന്നെ കൊണ്ടു ഇതൊന്നും ഭഗവാൻ ചെയ്തില്ല കേട്ടോ കാട്ടിൽ പോയി രാവണന് വധിച്ചു വിഭീഷണനെ കൂട്ടുപിടിച്ചു ബാല്യെ വസിച്ചു ഇതൊക്കെ ഭഗവാൻ ചെയ്തോ ഇതിൻ്റെ അർത്ഥം എന്താ നമ്മളൊക്കെ എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു ഇതാ സ്വപ്നം പോലെ കടന്നു തീർന്നു ശരീരം വീണു എല്ലാം തീർന്നു ഇതിൻ്റെ അർത്ഥം എന്താ ദീർഘസ്വപ്നം ദീർഘസ്വപ്നമിമം വെച്ച് ദീർഘം വാ ചിത്തവിഭ്രമം ഈ കഴിഞ്ഞ കാലം വരെ ചെയ്ത കർമ്മങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക വെറും ഒരു നീണ്ട സ്വപ്നം അല്ലെങ്കിൽ കുറച്ച് നീണ്ട ഒരു ചിത്തവിഭ്രമം അത് ഈ അല്ലാതെ ആത്മതത്വത്തിൽ ഒരു കർമ്മങ്ങളും പുരളുന്നില്ല ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മൂലം രാമനം ജഗദ്ഗുരു ഹനുമാനെ രാമനം ജഗദ്ഗുരു നിർഗുണൻ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായി പറയുന്നത് രാമനായി ഭഗവാൻ അവതരിച്ചില്ലെന്നാണോ മായ കൊണ്ട് അവതരിച്ചതായി തോന്നിപ്പിച്ചു ദേവി പറയുന്നത് ഞാൻ ഭഗവാനെ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നു അല്ലാതെ ഭഗവാനവതരിക്കാൻ ഒക്കില്ല അതാണ് സർവത്ര നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ഭഗവാന് അനങ്ങാൻ പോലും ഒക്കില്ല ആ ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുക രാമൻ ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ ജഗത്തിനു മുഴുവൻ ആനന്ദം പ്രദാനം ചെയ്യുന്നവൻ അവ്യയൻ ഒരിക്കലും ഒരു കുറവും വരാത്തവൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ സ്വയം രമിക്കുന്നവൻ അദ്വയൻ രണ്ടില്ലാത്തവൻ അദ്ദേഹം എന്തിനു അവതരിക്കണം താൻ മാത്രമേ ഉള്ളൂ അദ്വയൻ പരൻ ഭഗവാൻ അപ്പുറമായി ഇവിടെ ഒന്നുമില്ല നിഷ്കളൻ വിദ്വദ്ഭൃംഗാരാമൻ ആ ഭഗവാനെ അറിഞ്ഞവർക്ക് ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വിഷ്ണു ഭഗവാൻ നാരായണൻ എങ്ങനറഞ്ഞു നിൽക്കുന്ന നാരായണൻ ത്മജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഹനുമാരെ നല്ലവണ്ണം ഓർമ്മിക്കണമേ അദ്ദേഹത്തിന് ഇതാര ദേവി പറയുകയാണ് ഗമിക്കുന്നതും പുനരീലിക്കുന്നതും കിഞ്ചിദ് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല ശ്രീരാമൻ അങ്ങനെയൊന്നുമില്ല നിർവികാരാത്മാ ഇവിടെയാണ് നമ്മൾ നല്ല വണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായി പറയുന്നത് പരസ്പരവിരുദ്ധമായി അത് മായ മായയുടെ ജോലിയെ അതാണ് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുക എന്തിനത് പറയുന്നു ഈ ആത്മതത്വമാണ് നമ്മൾ നമ്മളിപ്പോൾ എന്തൊക്കെയോ ജനിച്ചു കല്യാണം കഴിച്ചു വലിയൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥനായി പൻപിച്ച സ്വത്തുകളുണ്ടാക്കി ഒരു ദിവസം കാലത്ത് നമ്മൾ കാണുന്നുണ്ട് കിടക്കുന്നു ജീവനില്ല അപ്പോൾ എത്ര കെട്ടിടം കെട്ടി ആ കെട്ടിടമൊന്നും കെട്ടേണ്ട എന്നൊന്നും ഇതിനർത്ഥമില്ല ഈ പരമതത്വം അറിഞ്ഞുകൊണ്ട് കെട്ടിടം കെട്ടുക കല്യാണം കഴിക്കുക വേണമെങ്കിൽ ഒരു വിരോധമില്ല വലിയൊരു കുടുംബത്തിൻ്റെ ഉടമസ്ഥനായിത്തീരട്ടെ നമ്മുടെ ഗുരുവായൂരൊക്കനെപ്പോലെ എന്താ കുഴപ്പം പക്ഷേ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഒടുവിൽ എന്തുണ്ട് എന്നാലോചിച്ച് നോക്കുക ഇല്ലാത്തതിൽ കയറി പറ്റി പിടിക്കരുത് എന്ത് വേണോ ഗംഭീരമായി കർമ്മം ചെയ്തോളുക പക്ഷെ മനസ്സുകൊണ്ട് ഇല്ലാത്ത ഒന്നിലും കയറി പറ്റിപ്പിടിക്കരുത് പറ്റി പിടിച്ചാലോ പരമദുഃഖം സകല മനുഷ്യരും കർമ്മം ചെയ്യുന്നതും ജീവിക്കുന്നതും സുഖിക്കാനാണ് സത്യമറിഞ്ഞില്ലെങ്കിൽ ഒരു ചക്രവർത്തിയും കാര്യമായ സുഖത്തിൻ്റെ കണിക പോലും അനുഭവിക്കാൻ പോകുന്നില്ല ചരിത്രം പഠിച്ചു നോക്കുക ഞാൻ ഒരുപാട് ചരിത്രം പഠിച്ചു വലിയ വലിയ സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചവർ ഹിറ്റ്ലർ മുസോളിനി നെപ്പോളിയൻ അലക്സാണ്ടർ അങ്ങനെ പോകുന്നു എന്താ അവരുടെയൊക്കെ കഥ സാമ്രാജ്യങ്ങൾ പിടിച്ചട വെറും മായ ഇല്ലായ്മയിൽ കയറി ശക്തിയായി പറ്റി പിടിച്ചു അതിൻ്റെ ഫലവും സ്വയം വെടിവെച്ച് മരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് ജയിലിലിടുക എന്താ ഇതിൻ്റെ കാര്യം സത്യമറിയാതെ അവർ ഈ നിഴലിൻ്റെ പിന്നാലെ ആർക്കും ഇതൊക്കെ തന്നെയാണ് അനുഭവം അറിഞ്ഞുകൊണ്ടോടുക ഓടിയാൽ എന്താ ഗുണം ഒരിടത്ത് വെച്ച് നിർത്താം മതി ഇനിയിപ്പോൾ ഓട്ടോ ഒക്കെ മതി ഇനിയിപ്പോൾ ഇതിനപ്പുറത്തൂടെയുള്ള കാര്യമൊന്നുമില്ല നിർവികാരാത്മ തേജവോമയനായി നിറഞ്ഞൊരു നിർവൃതി തന്നെ നിർവൃതി പരമമായ ആനന്ദാനുഭവം അദ്ദേഹം ഇനി എന്തിനവതരിക്കണം അതൊരു ശരി സാറ് പക്ഷേ രാവണനെ പോലെയുള്ള ദുഷ്ടന്മാർ വന്നാൽ അവരെ കൊല്ലണ്ടേ അതിനും അതിനൊക്കെ ഹനുമാര അതൊക്കെ എൻ്റെ ഏർപ്പട അദ്ദേഹം നിർവൃതനായിട്ടിരിക്കുകയാണ് പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തിന് ഇവിടെ രാവണനുമില്ല അവരെ ആരെയും കൊല്ലേണ്ട കാര്യവുമില്ല ഈ രാവണൻ പോലും വലിയ വേദാന്തിയാണ് രാവണൻ നിർവികാരാത്മാ തേജോമയൻ നിറഞ്ഞൊരു നിർവ്രതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും എന്താ ഇതിനേക്കാൾ സ്പഷ്ടമായി പറയാനുണ്ടോ ആരായി പറയുന്നത് ഞാനോ നിങ്ങളാണോ ദേവി ആരെക്കുറിച്ചാ പറയുന്നത് സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ആരോടാ പറയുന്നത് തന്റെ പരമഭക്തനായ ഹനുമാനോട് ഇതൊക്കെ കൂടെ നമ്മളൊന്ന് ഗ്രഹിക്കുകയും ഇതൊക്കെ എന്തിനു ഗ്രഹിക്കുന്നു അത് ഈ ബ്രഹ്മം നിർവൃതി അനുഭവിക്കുന്ന ബ്രഹ്മം നമ്മളും നമ്മളാണ് ഞാൻ ജീവൻ ജീവോ ബ്രഹ്മൈവ ഒരു സംശയവുമില്ല പ്പം ചില കാര്യങ്ങൾ വിചാരം ചെയ്തു ഉറപ്പിച്ച് അതിൻ്റെ പ്രായോഗികത സാറി ഒക്കെ പറയുന്ന ഈ പ്രായോഗികത വേണ്ടത്ര പറയുന്നില്ലല്ലോ ഒരുപാട് പ്രായോഗികത ഇതിൽ പറയാനേ ഇല്ല വേണമെങ്കിൽ ഇപ്പം ഞാൻ പറയാം എന്താ കാലത്തെ എണീക്കണം പൂമാല കെട്ടണം പൂജാമുറി തുറക്കണം പ്രായോഗികത സഹസനാമം ജപിക്കണം ഒരു വിരോധവും കാലത്തെ കാപ്പിടണം എന്ന് പറയുമ്പോൾ തന്നെ വെ വേണ്ട എന്ന് പറയുമോ കാലത്തെ വെഡ് കാഫിയൊക്കെ കുടിക്കണ്ടേ ചായ വേണ്ടെന്നാരെങ്കിലും പറയുമോ നിവർത്തിയില്ല കർമ്മമൊക്കെ ചെയ്യാതെ പറ്റില്ല പക്ഷെ ആ പ്രായോഗികത കൊണ്ടൊന്നും സത്യം തെളിയില്ല സത്യം ദേവി പറയുന്ന ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായി വിചാരം ചെയ്തു ഉറപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ആ സത്യം ആണെന്ന് സ്വയം ഉറപ്പിക്കുക പ്രപഞ്ചം മുഴുവൻ ആ സത്യമാണ് സർവൻ ബ്രഹ്മമയം എന്നുറപ്പിച്ച് ഞാൻ ഈ പ്രായോഗികത ആവർത്തിച്ചാർത്തിച്ച് പറയാറുണ്ട് ഭേദചിന്തകളും രാഗദ്വേഷവും ഒഴിവാക്കണം നിങ്ങൾ ബ്രഹ്മാനുഭവത്തിന് പാത്രമായി തീരും ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ഇതൊഴിവാക്കിയിട്ട് എനിക്ക് ബ്രഹ്മാനുഭവം കിട്ടുന്നില്ല എന്ന് പറയട്ടെ നിശ്ചയമായിട്ടും പറയില്ല കുറച്ചെങ്കിലും എന്നോട് എത്രയോ വരൂ പറയുന്നു സാർ ഇപ്പം എനിക്ക് പണ്ടത്തെ ദേഷ്യമൊന്നുമില്ല ദേഷ്യം ച കാമക്രോശങ്ങൾ അതാണ് വളരെ കുറഞ്ഞു അതുകൊണ്ടിപ്പോൾ പരമസുഖം പരമസുഖം വീട്ടിൽ തന്നെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് കുറഞ്ഞതെന്നല്ല പൂർണ്ണമായിട്ട് കുറഞ്ഞാൽ ബ്രഹ്മമായി മാറും കുറേയൊക്കെ കുറഞ്ഞു അതുകൊണ്ട് വീട്ടിൽ തന്നെ എന്ത് ശാന്തി എന്നറിയാമോ അതായത് വീട്ടിലൊരു സ്വസ്ഥതയില്ലായിരുന്നു ഞാൻ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ നേരം വെളുത്ത ഇരുട്ടുന്നവരെ ദേഷ്യപ്പെടും ഭാര്യ ദേഷ്യപ്പെടും കുഞ്ഞുങ്ങളെ ദേഷ്യപ്പെടും വീട്ടിലൊരു സ്വസ്ഥതയില്ലായിരുന്നു ഇപ്പം സാറ് പറഞ്ഞ് ഈ കേട്ട ശേഷം ഞാൻ ബോധപൂർവം തന്നെ ഒക്കെ ഈശ്വരമായ കാര്യമില്ല എന്ന് കരുതി ദേഷ്യം വളരെ കുറച്ചു പരമസുഖമിപ്പോ പലരും എന്നോട് പറയാറുണ്ട് അപ്പോൾ നിർവികാരാത്മാ തേജോമയൻ മയനായി നിറഞ്ഞൊരു ഒരു വസ്തു ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നിർമ്മലൻ പരിണാമഹീനൻ അതാണ് ്രഹ്മം പ്രപഞ്ചമായി പരിണമിക്കുകയാണോ ചെയ്തത് ഒരിക്കലുമല്ല അങ്ങനെ പരിണമിച്ചാൽ വികാരമാണ് അപ്പൊ ബ്രഹ്മം വികാരപ്പെട്ടു പോവും ജനന മരണങ്ങൾക്ക് അടിമപ്പെട്ടു പോവും അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നത് വിവർത്തം കാരണത്തിന് ഒരു ചലനവുമുണ്ടാകാതെ കാര്യമുണ്ടെന്ന് തോന്നുന്നു അതിനുദാഹരണമാണ് മരുഭൂമിയിലെ കാനൽ ജലം ഒരു മണൽ തെരിയപ്പോലും നനയ്ക്കാതെ മരുഭൂമിയിൽ വലിയൊരു സരസ് ഒഴുകുന്നതായി തോന്നും അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത് പോലെ കയറിലെ സർപ്പഭ്രമം സന്ധിക്ക് കയറിൽ സർപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഒരു കയറാണ് ദൂരക്കിടക്കുന്നത് പക്ഷെ സർപ്പമാണെന്ന് തോന്നുന്നു അവിടെ ഒരു ചലനവും സംഭവിക്കുന്നില്ല സർപ്പത്തിന്റെ ഭ്രമം അതുപോലാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചഭ്രമം ഉണ്ടാകുന്നത് ആ പ്രാതസ്മരണ സ്തോത്രത്തിന്റെ ഒടുവിൽ ശ്രീശങ്കർ ഭഗവത്പാദർ പറയില്ലേ ആ പുരുഷോത്തമനിൽ യസ്മിതം ജഗത് അശേഷം അശേഷമൂർത്തവും എല്ലാമായി സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മത്തിൽ <re> ം ഭുജംഗമ പ്രതിഭാസിതം വൈ രജ്വാം വെറും കയറിൽ സർപ്പത്തെ കാണുന്നതുപോലെ ഈ പ്രപഞ്ചം ആ ഭഗവാൻകൾ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു അതാണിവിടെ ഇവിടെ ആരാ പറയുന്നത് ദേവി തന്നെ പറയുന്നു തന്റെ ഭർത്താവിനെക്കുറിച്ച് നിർവൃതൻ ഒരു വസ്തുചൈകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ഭഗവാൻ പരിണമിച്ചതല്ല പ്രപഞ്ചം വിത്തുവൃക്ഷമായതുപോലെയോ അല്ലെങ്കിൽ മണ്ണ് പാത്രങ്ങളായതുപോലെയൊന്നും ഭഗവാൻ പ്രപഞ്ചമായി മാറുന്നില്ല ചിന്മയൻ ഭഗവാൻ ബോധരൂപൻ മായാമയൻ വെറും എന്താ കഥ ഈ മായ അഘടിത ഘടന ഈ മായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാലും കാര്യങ്ങൾ ഒഴിവുള്ളതാണേ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എത്രയുണ്ടെന്ന് ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ പുതിയ ബ്രഹ്മാണ്ടങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞു വെളിഞ്ഞു വരുന്നു ഇതെവിടുന്ന് ഇതാരും ഉണ്ടാക്കുന്നു നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ അദ്ദേഹത്തിൻ്റെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നു അദ്ദേഹം അല്ല കർമ്മം ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ മായാദേവിയായ ഞാനാണ് അല്ലയോ ഹനമാരെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നതു പക്ഷേ അത് ഭഗവാനാണ് ചെയ്യുന്നതെന്ന് തോന്നിക്കുന്നു എനിക്കാ കഴിവുണ്ട് ഭഗവാനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ഞാൻ തോന്നിപ്പിക്കും കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ ആ മായാഗുണങ്ങൾ ഭഗവാൻ പിന്തുടരുന്നത് കൊണ്ട് അവിടെ ഉണ്ടെന്ന് തോന്നിക്കുന്ന മായാഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്ന സരസിൻ്റെ അലകൾ മരുഭൂമി തന്നെ അലയട്ടിക്കുന്നു എന്ന് തോന്നിക്കും മറ്റുള്ളവരുടെ കണ്ണിൽ ചെയ്യുന്നത് തോന്നിക്കുന്നു തൻ മായാഗുണങ്ങളെത്താൻ അനുസരിക്കയാൽ ഇങ്ങനെ ദേവി തൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അഞ്ജനാദനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം ഇത്രയും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമദേവൻ ജീവന്റെ തത്വം വെളിപ്പെടുത്തുകയാണ് ഹനുമാനും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യം ഇന്നിപ്പോൾ ഇവിടെ നിൽക്കട്ടെ ജീവന്റെ തത്വം ശ്രീരാമന്ദനുമാൻ പറഞ്ഞു കൊടുക്കുന്നു അത് നാളെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും ഇനിയിപ്പോൾ ഈ ജഗത്ത് മായാമയമാണ് എന്തുകൊണ്ട് മായാമയം ഇത് എവിടുന്നുണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകുന്നു എന്തിനുണ്ടാകുന്നു ഇതെങ്ങനെ ഉണ്ടാകുന്നു ഈ പ്രപഞ്ചം പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും ഇന്ന് വരെ പിടികിട്ടിട്ടില്ല ഇനി എത്ര ഗംഭീരനായ ശാസ്ത്രജ്ഞനും ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല ആര് പറയുന്നു ഭാരതത്തിലെ ഉപനിഷത്തുക്കൾ ഉപനിഷത്തുക്കളുടെ പെരുംബറഘോഷം എന്തുകൊണ്ട് ഇല്ല ജഗന് മിഥ്യ മിഥ്യാദഗത്തിൻ്റെ ഉത്ഭവം എവിടുന്ന് പിടികിട്ടാനാണ് അതുകൊണ്ട് ഈ ജഗത്തിന് ഒന്നുകിൽ ഇതൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇന്ദ്രജാല നഗരം സ്വപ്നമായേ യഥാദൃഷ്ടേ വിദ്യാരണ്യസ്വാമികൾ പറയുന്നു പഞ്ചദശയിൽ വിദ്യാരണ്യസ്വാമി വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചു കുറേ നാളവിടെ ഭരണമൊക്കെ നടത്തിയ ആളാണ് പഞ്ചദശയൊക്കെ എഴുതിയ ആളാണ് ഇതൊന്നും ഗുണമില്ല നമുക്കിവിടെ സാമ്രാജ്യവുമേണ്ട എന്തിന് അങ്ങനെ ഭരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കിടപ്പ് വസ്തു ഗംഭീരന്മാർ നമ്മൾ ഈയിടെ കാണാറുണ്ട് ഞാൻ വളരെ ഗംഭീരന്മാർ ലോകത്തെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ശരിപ്പെടുത്തി കളയും പറഞ്ഞു വരും വരുന്നവരെ ഈ ടി വിയിലൊക്കെ കാണാം അങ്ങനെ കിടക്കുകയാണെങ്കിൽ ചുറ്റും കുറേ പേരെന്നും നിലവിളിക്കുന്നു അപ്പോൾ ഇവരെ ഇവരിപ്പം ഇവിടം വരെ ഇതൊന്നും വേണ്ടെന്നോ ഒന്നും കുറ്റം പറയുകയല്ല അത്ഭുതകരമായ ഈ ലോകത്തിൻ്റെ നിഷ്പ്രയോജനത ഒരു പ്രയോജനവുമില്ല ഈ ലോകത്തിന് ഇത്രനാളും ഈ ലോകം എന്ന് വെച്ചാൽ ഭൗതിക ലോകം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇതുവരെ ചുറ്റിക്കറങ്ങില്ലേ എന്തു പ്രയോജനം ഉണ്ടായി നമുക്കൊക്കെ തന്നെ എന്ത് പ്രയോജനമുണ്ടായി വാസിഷ്ഠം പറയുന്നു സാക്ഷിഭൂതയെ സമയെ സ്വച്ഛേ നിർവികൽപേ ചിതാത്മനി നിരർത്ഥം പ്രതിബിംബന്തി ജഗന്തി മുകുലേ യഥ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒന്നിനോടും ഒരു ബന്ധുവുമില്ലാതെ വർത്തിക്കുന്ന ആ ബോധരൂപനായ ഭഗവാൻകൾ ഈ ജഗത്ത് നിരർത്ഥം പ്രതിബിംബന്തിയും ഒരു പ്രയോജനവും ഒന്ന് ചിന്തിച്ചു നോക്കുക എന്താ പ്രയോജനം നമ്മുടെ പ്രത്യേക ജീവിതത്തിലല്ല ഇപ്പം നമ്മുടെ കാര്യം പറഞ്ഞാൽ ഓരോരുത്തർ പറയും കാലത്തേക്ക് ആപ്പി പിടിക്കുക പ്രയോജനമല്ലേ സാർ വളരെ നല്ലത് കല്യാണം കഴിക്കുക കുറച്ച് നാളങ്ങനെ കഴിക്കുക മരിക്കുക ഇതൊക്കെ പ്രയോജനമല്ലേ സാർ അതല്ല ജഗത്തിനായ പ്രയോജനം സൂര്യചന്ദ്രന്മാർ എണ്ണമറ്റ സൂര്യന്മാർ ചുറ്റിക്കറങ്ങുന്ന ഒരു ബ്രഹ്മാണ്ടം എന്തിന് ചുറ്റി കറങ്ങുന്നു ഈ ചോദ്യത്തിന് ഏതെങ്കിലും ശാസ്ത്രജ്ഞനുത്തരം പറയാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് നോക്കുക ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫിസിക്സിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞൻ ഇടയ്ക്ക് ഡൽഹിയിൽ വന്നിരുന്നു അദ്ദേഹം ആ രോഗം കൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹം പറയുന്നു ഈ ഫിസിക്സിനൊന്നു തന്നെ എന്ന് വിചാരിച്ച് ഫിസിക്സ് ഒന്നും മോശമാണെന്നല്ല ഈ പറയുന്നതിനർത്ഥം നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ നന്നാക്കാൻ അത്തരം ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രങ്ങൾ നമ്മൾ സഹായിക്കുന്നത് വളരെ നല്ലത് പക്ഷേ ഈ പരമരഹസ്യം കൂടെ ഗ്രഹിക്കുക സൂര്യന്മാരെ ഏതെങ്കിലും ഒരു ഫിസിസ്റ്റാണോ ഉണ്ടാക്കി കറക്കിയിരിക്കുന്നത് അങ്ങനെയല്ല സാർ ഇപ്പോൾ ഒരുപാട് ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഈ ഉപഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട് ഒരു വിരോധവും ഇല്ല നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉപഗ്രഹങ്ങളെ ഉണ്ടാക്കി വിടുന്നതിന് എത്രയോ മുമ്പ് അനന്ത കോടി സൂര്യന്മാരെ ഉണ്ടാക്കി കറക്കുന്നു ഈ ബ്രഹ്മം അല്ലല്ല തെറ്റിപ്പോയി മായ ബ്രഹ്മത്തിന് അത് ഈ ഒരൊറ്റ ചോദ്യം നമുക്കും ചോദിച്ചു നോക്കാം കുറെ കറങ്ങിക്കറങ്ങി ആധുനിക ശാസ്ത്രജ്ഞൻ തന്നെ പറയുന്നു ഈ സൂര്യൻ തണുത്തുറഞ്ഞില്ലാതാകും അപ്പോഴേക്കെന്തായാലും ഭൂമിയും നമ്മളുമൊക്കെ ഇല്ലാതാകും എന്തിന് ഇത് ഇത് എത്ര പ്രാവശ്യമായി വാശിഷ്ടത്തിലെ ഒരു മുനി പറയുന്നുണ്ട് ബ്രഹ്മാണ്ടാവലയോ ഗ്രസ്ത അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ കാലം എന്ന് പറയുകയാണ് ഞാൻ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മഹർഷി ബ്രഹ്മാണ്ടാവരോ ഗ്രസ്ത നികീർണാരുദ്ര കോടയ കോടിക്കണക്കിന് ശിവന്മാരെ ഞാൻ വിഴിഞ്ഞിട്ടുണ്ട് കാലം പറയുകയാണ് ഇതാർക്കെങ്കിലും തിരസ്കരിക്കാൻ പറ്റുമോ ഭുക്താനി വിഷ്ണു വൃന്ദാനി ചെ വിഷ്ണു ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ നാമരൂപങ്ങളാണേ അനേകം തവണ വിഷ്ണുവിൻ്റെയും ശിവന്റെയും നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞിട്ടുണ്ട് കാലഗതിയിൽ അതുകൊണ്ടാണ് കാലൻ പറയുന്നത് ഭുക്താന് വിഷ്ണു വൃന്ദാനി വിഷ്ണുക്കളുടെ കൂട്ടങ്ങളെ ഞാൻ ചവച്ച് പൂജിച്ചിട്ടുണ്ട് കോലശക്താവയ മുനെ മുനേ നമുക്കെന്ത് കഴിയില്ല കാലത്തിന് കാലസ്വരൂപനായ ആ എന്താണ് കഴിയാത്തത് ഇവിടെ ഇങ്ങനെ വരുന്നു പോകുന്നു ആവർത്തിച്ച് ആ ബ്രഹ്മഭുവനാണ് ലോക പുനരാവർത്തിന എല്ലാം വീണ്ടും വരുന്നു വാശിഷ്ഠനുണ്ടെങ്കിൽ വായിച്ചു നോക്കുക കകഭുഷുണ്ടയോഗ കഥ വായിച്ചു നോക്കുക കകഭുഷുണ്ടൻ വസിഷ്ഠനോട് പറയുന്നു എടോ പത്ത് തവണ ഈ ഭൂമി ഉണ്ടാവുന്നതും ഇല്ലാതാവുന്നതും ഞാൻ കണ്ടിട്ടുണ്ടോ അതുപോലെ ശ്രീരാമന് വശിഷ്ഠൻ എട്ട് തവണയോ മറ്റോ ഉപദേശം നൽകുന്നത് നിങ്ങൾ എട്ട് തവണയോ ഉപദേശം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ അതൊന്ന് വായിച്ചു നോക്കുക ഞാനതൊന്നും വിസ്തരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വെറും നേരം പോക്ക് ഇന്ദ്രജാലാണ് എന്തിനാണിത് അന്തിമമായി എന്തിനാണെന്ന ചോദ്യമില്ല വസ്തു സ്വഭാവം മായ ഇതാവർത്തിച്ചോണ്ടിരിക്കും മരുഭൂമി ഉള്ളിടത്തോളം അതിൽ കാനൽ ജലത്തിൻ്റെ തോന്നൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്തിനാണെന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഇതാണ് സ്ഥിതി ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കുക ജഗൻ മിഥ്യ ഹരി വേദാന്തം ജഗത്തിനെ മിഥ്യ എന്ന് പറഞ്ഞു കളയുന്നു പിന്നെ എന്തോന്നൊന്ന് പറയണം കരുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജഗത്തിനെ കുറിച്ച് വേറെ വല്ലതും പറയട്ടെ മിഥ്യ മിഥ്യ മിഥ്യ ആയിരം പ്രാവശ്യം മിഥ്യ യാതൊരു പ്രയോജനമില്ല പരമാർത്ഥം പറഞ്ഞാൽ ഇവിടെ ആളുകൾ മരിക്കുന്നതും അതിൻ്റെ മുമ്പിലിരുന്ന് ജനങ്ങൾ തലത്തിൽ വിളിക്കുന്നതും മൂന്നാം ദിവസം അല്ലെങ്കിൽ നാലാം ദിവസം സഞ്ചയത്തിൻ്റെയോ കുളിയുടെയോ പേരിൽ അടപ്രസമൻ ഉള്ളി സദ്യ കൊണ്ട് രസിക്കുന്നതും ഇതൊക്കെ മായ പിന്നെ എന്താണ് അതൊക്കെ നടക്കട്ടെ അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഇതിൻ്റെ നേരം പോക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് കൂടെ ചേർന്നുകൊള്ളുക അല്ലാതെ ഓരോരുത്തർ പ്രൗഢാനുഭൂതി എന്നൊരു കൃതി ഇവിടെ ഉള്ളത് ജീവൻമുക്താനന്ദരി എന്നതിനകത്തൊരു കൃതിയുണ്ട് ഒരു ജീവൻ മുക്തൻ എങ്ങനെ ജീവിക്കും എന്ന് ആ കൃതിയിൽ ആചാര്യസ്വാമികൾ അതിഗംഭീരമായി ചർച്ച ചെയ്യുന്നു വായിച്ച് വായിച്ചു നോക്കുക അതുപോലെ തന്നെ ആ എന്ന കൃതിയിലാണ് ഈ ബ്രഹ്മജ്ഞാനാവലിമാല എന്ന് പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് അനുഷ്ഠിപ്പു ശ്ലോകം അതിലാണ് ഈ പരമസത്യത്തിൻ്റെയൊക്കെ പ്രഖ്യാപനം പെരുമ്പറഘോഷം എന്ന് ആചാര്യസ്വാമികൾ പറയുന്ന ഇത് വേദാന്ത ഡിണ്ടിമഹ ആചാര്യസ്വാമികളുടെ പ്രധാനപ്പെട്ട പത്ത് പതിനഞ്ച് കൃതികളുടെ വിശദമായ വ്യാഖ്യാനമാണ് പ്രഭാനുഭൂതി ഇവിടെ ഇരിപ്പുണ്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ച വായിക്കുക ഞാൻ ഈ പറയുന്നതൊക്കെ ഓരോരുത്തർക്കും ലെവലേഷൻ പോലും നിഷേധിക്കാൻ കഴിയാത്ത പരമസത്യമാണ് ജഗൻ മിഥ്യ അതാണ് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞത് ഇത് സ്വപ്ന ഇന്ദ്രജാല സദൃശം ഇതൊരു സ്വപ്നമല്ലെങ്കിൽ ഇന്ദ്രജാലം എന്താ അചിന്ത്യ രചനാത്മകം എന്തുകൊണ്ടെങ്ങനെ പറയുന്നു ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്തിനുണ്ടാവുന്നു ഓരുത്തർക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല അചിന്ത്യരചനാത്മകം ദൃഷ്ടനഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു കുറെ കഴിഞ്ഞ് ഇല്ലാതാവുന്നു വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലാതാവുന്നു ഇതൊക്കെ ഇന്ന് എല്ലാവർക്കും എന്തിനീ കളി അത് ചോദിച്ചിട്ട് കാര്യമില്ല ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും യാതൊരു സംശയവും ഇല്ല ഇവിടെ ഇതാ രാമായണം പോലും ആവർത്തിക്കുന്നു ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ സീതാദേവി ഈ സീതാദേവി എത്രയോ രാമായണങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് ഈ അധ്യാത്മരാമായണത്തിൽ സീത തന്നെ രാമനോട് പറയുന്നത് എന്താ അതിനർത്ഥം ഇതൊരാവർത്തനം രാമൻ്റെ വരവും പോക്കുമ്പോഴും വെറും ഒരു ആവർത്തനം രാമായണങ്ങൾ പലരും കവി വരെ രാമോദനോട് പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ അതുകൊണ്ടിന്ന് മനസ്സിലാക്കണം ഈ ഇതൊരു നേരം പോക്കായിട്ട് നാടകം ഇവിടുന്ന് ഓടിക്കളേണ്ട ഈ ജീവിതം ഗംഭീരമായ ഒരു നാടകം പരമാവധി അഭിനയിക്കുക എങ്ങനെ ദുഃഖിക്കാതെ കാരണം ഈ ഇല്ലാത്തതുക്കളെന്ന് ദുഃഖിച്ചിട്ടെന്ത് കഥ നമുക്ക് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് സൂര്യനും ചന്ദ്രനും ചെയ്യാവുന്നതിന് പോലും ഒരു പരിമിതിയുണ്ട് ആ പരിമിതിക്കപ്പുറം ഒരവതാര പുരുഷനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ആരെയും പോയി ശരണം പ്രാപിച്ചതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് പരമാവധി ചെയ്യാവുന്നത് ചെയ്യാം ബാക്കിയൊക്കെ ആ മായാദേവിക്ക് സീതാദേവിക്ക് വിട്ടുകൊടുക്കാം അപ്പോൾ സ്വപ്നേന്ദ്രജാല സദൃശം അചിന്ത്യരചനാത്മകം ഇതെങ്ങനെ രചിക്കപ്പെടുന്നുവെന്ന് ചിന്തിച്ചറിയാൻ ആർക്കും സാധ്യമല്ല ദൃഷ്ടനഷ്ടം ഉണ്ടെന്ന് തോന്നിയിട്ടില്ലാതാവുന്നു ജഗത് പശ്യൻ അനുരജേത പൂർവ ഇത് ചിന്തിച്ചുറപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ മിഥ്യാത്വം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ചാൽ ഇവിടുന്ന് ഓടിക്കളയില്ല ദുഃഖിക്കില്ല അത്രയേ ഉള്ളൂ യുദ്ധം വരെ ചെയ്യാം കൃഷ്ണൻ പറയുന്നത് യുദ്ധം ചെയ്യൂ പക്ഷേ എങ്ങനെ വിഗതജ്വര യുദ്ധസ്വ വിഗതജ്വര എൻ്റെ അർജുന ജ്വരമില്ലാതെ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്തേ പറ്റൂ ഇതൊരു നേരം പോക്ക് നിനക്കത് ചെയ്തേ പറ്റൂ ജ്വരമില്ലാതെ യുദ്ധം ചെയ്യൂ അപ്പോൾ ഈ ജഗന്മിഥ്യാത്വമൊക്കെ നമ്മെ ഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കർമ്മം ഗംഭീരമായിട്ട് ചെയ്യൂ യുദ്ധമാണെങ്കിൽ യുദ്ധം ചെയ്യൂ ദുഃഖിക്കാതെ ചെയ്യൂ ദുഃഖിച്ചത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല യാതൊരു പ്രശ്നവും അതിനു വേണ്ടിയാണ് ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം ഇങ്ങനെ വിശദമായി രാമായണം പോലുള്ള കൃതികൾ ചർച്ച ചെയ്യുന്നതും ഇനി നമുക്കങ്ങോട്ട് പോയാൽ എന്തിന് ഈ പശ്ചാത്തലത്തിൽ ഇന്ന് വേണമെങ്കിൽ പോയി അയോധ്യാകാണ്ടത്തിലെ ലക്ഷണോപദേശം വായിച്ചു നോക്കുക ഈ മിഥ്യാത്വം രാമൻ ആവർത്തിച്ച് ഗംഭീരമായി ചർച്ച ചെയ്യുകയാണ് നമുക്ക് ലക്ഷണോപദേശം എടുക്കാൻ പറ്റുമോ എന്നെനിക്ക് നിശ്ചയമില്ല പറ്റുമെങ്കിലും എടുക്കും എന്ത് ഗംഭീരമായിട്ടാണ് ഈ ജഗത്തിൻ്റെ നിത്യാത്വം ലക്ഷണോപദേശത്തിൽ ശ്രീരാമൻ വെളിപ്പെടുത്തുന്നത് പക്ഷേ നമ്മളതൊക്കെ വായിക്കും ആ വളരെ ഗംഭീരം എൻ്റെ പ്രായോഗികത എന്താ ഇത് വേറെ പ്രായോഗികത ഒന്നുമില്ല മിഥ്യാത്വം ശാസ്ത്രീയമായി അറിഞ്ഞ് ദുഃഖം ഒഴിവാക്കുക അല്ല ദുഃഖം ഒഴിവാക്കാൻ വേറെ കുറുക്ക് വഴിയൊന്നുമില്ല ദിവസം മൂന്ന് പ്രാവശ്യം സഹസ്രനാമൻ്റെ വിത്തതുകൊണ്ടോ കോവിലി അർച്ചന നടത്തിയതുകൊണ്ടോ ദുഃഖം വഴിയില്ല നിശ്ചിതമായിട്ട് വഴിയില്ല പക്ഷേ അതൊക്കെ ചെയ്തോളൂ ഇതിൻ്റെ മിഥ്യാത്വം സഹസ്രനാമത്തിൻ്റെയും അർച്ചനയുടെയും മിഥ്യാത്വം നല്ലവണ്ണം ഓർമ്മിച്ച് ഇവിടെ ഒരു ജഗതീശ്വരൻ മാത്രമേ ഉള്ളൂ കാണുന്നതൊക്കെ ആ ജഗതീശ്വരൻ സർവം ബ്രഹ്മമായ എന്നുറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക അതൊഴിവായി വരുമ്പോൾ എന്ത് എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണം ഒക്കെ നമുക്ക് തെളിഞ്ഞ കിട്ടും സ്വപ്നമായേ യഥാദൃഷ്ടയെ ഗന്ധർവനഗരം യഥാ ഈ ഗന്ധർവനഗരം ലക്ഷണോപദേശത്തിൽ രാമൻ ആവർത്തിക്കുന്നു ഇതേ പദങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുന്നു സ്വപ്നമായേ ഒന്നുകിൽ ഇതൊരു സ്വപ്നം അല്ലെങ്കിൽ ഇതൊരു ഇന്ദ്രജാലം ഇതൊരു ഗന്ധർവനഗരം ഈ ഭൂലോകം ഏത് ശാസ്ത്രജ്ഞനല്ലെന്ന് പറയാൻ കഴിയും അനന്തമായ ആകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു ഭൂഗോളം ഇതെങ്ങനെ വലിയൊരു സമുദ്രം ഇതാ ഭൂമിയുടെ ഏഴര ഭാഗം വലിപ്പമുള്ള ജലപ്പരപ്പ് സമുദ്രം ഈ സമുദ്രം ഈ ആകാശത്തിൽ ഭൂമിയിൽ നിൽക്കുകയല്ല ഈ സമുദ്രം ഈ ആകാശത്തിൽ എങ്ങനെ നിൽക്കുന്നു അല്ല അതെല്ലാം സാറേ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒന്നും ഇപ്പോൾ പറയേണ്ട അതൊക്കെ ആകർഷണം അയ്യോ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല ഈ ആകർഷണസിദ്ധാന്ക്കെ പറയുന്നവർ അവരോടൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല ഈ ജലപ്പരപ്പൊക്കെ ആകർഷണം കൊണ്ടെടുക്കുകയാണ് ആയിരിക്കാം പക്ഷെ മായ ഒന്നാന്തരം മായ യുക്തി കൊണ്ട് ഇതിൻ്റെയൊക്കെ കാരണം കണ്ടുപിടിക്കാനേ സാധ്യമല്ല അതുകൊണ്ടാണ് സ്വപ്നമായയെ യഥാദൃഷ്ടെ ഗന്ധർവനഗരം യഥാച്ച അനന്തമായ ആകാശമധ്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നിശ്ചയമില്ലാതെ ഭൂമി എവിടെയാണ് നിൽക്കുക ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ തീർത്തു പറയട്ടെ ഈ അത സൂര്യനിൽ നിന്നും ഇത്ര കിലോമീറ്റർ ദൂരത്ത് ശരി അപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു ആദ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു സൂര്യൻ തന്നെ ഇതെല്ലാം കൂടെ ഈ ആകാശത്തിലല്ലേ നിൽക്കുക ഇതൊക്കെ വെറും സാപേക്ഷമായ കാര്യകാരണ വിവരണങ്ങളല്ലേ വാസ്തവത്തിൽ ഗന്ധർവ നഗരം എന്ന് വച്ചാൽ എന്താ ആകാശത്തിൽ ഒരു നഗരമുണ്ടെന്ന് തോന്നുക അത് തന്നെ അല്ലേ ഭൂമിയുടെ സ്ഥിതി ഈ ആകാശത്തിൽ ഒരു ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് ഒരു ഗോവം അതിൽ വലിയ നഗരങ്ങൾ വാഷിങ്ടൺ മാസ്കോ ലണ്ടൻ എന്താ സ്ഫോടനം ഒക്കെ ഇപ്പോൾ കുറേ നിറപ്പിക്കുന്നുണ്ട് അത് സാരമില്ല എങ്കിലും ലണ്ടൻ ഭൂഗർഭ റെയിൽവേ വളരെ നല്ലതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായ മായ വേറെ എന്താണുള്ളത് ഏത് നിമിഷവും എല്ലാം പോകാം അതൊന്നുമില്ല സാർ സുനാമി ഒന്നും അങ്ങനെ കയറില്ല ആർക്ക് പറയാൻ കഴിയും ഒരു സുനാമി ഗംഭീരമായിട്ടങ്ങോട്ട് വന്നാൽ തീർന്നു ഭൂമി തീർന്നു ഈ ഭൂമി പക്ഷെ ഒന്നോർക്കണം ഇതുപോലെ നിരവധി ഭൂമികൾ പുതുതായി ഉണ്ടാവുകയാണ് ഗന്ധർവ നഗരങ്ങൾ ആരുണ്ടാക്കുന്നു എന്തിനുണ്ടാക്കുന്നു അത് സീത പറയുന്നത് ഞാനുണ്ടാക്കുന്നു എന്തിന് എൻ്റെ സ്വഭാവം അതാണ് എൻ്റെ ഏർക്കണതാണ് എൻ്റെ ഭർത്താവായ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തിനൊന്ന് പറയാൻ കഴിയാത്ത ഈ കാഴ്ചകൾ ഞാൻ ഉണ്ടാക്കി അഴിക്കുന്നു എനിക്കതാണ് ജോലി ഇതാണ് ഇവിടെ സീതാദേവി ഇതിൻ്റെ മിഥ്യാത്വം ദൃഷ്ടനഷ്ടം ജഗത് പശ്യൻ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലാതാവുന്നു കുറേ കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ സ്ഥിതി അതല്ലേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈ വേദാന്ത സത്യം വേണ്ടവണ്ണം ചിന്തിച്ചറിഞ്ഞ സത്യദർശികൾ ഈ ജഗത്തിന് വെറും ഒരു ഗന്ധർവനഗരം യി മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്നാണ് ഗൗഡവാദാചാര്യ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇന്നുവരെ ബുദ്ധിയുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ദീർഘസ്വപ്നമി നമ്പംബിച്ച് നീണ്ട ഒരു സ്വപ്നം ദീർഘം വാ ചിത്തവിഭ്രമം നീണ്ട ഒരു ചിത്തവിഭ്രമം ദീർഘമാതി മനോരാജ്യം അല്ലെങ്കിൽ നിന്റെ ഒരു മനോരാജ്യം കാരണം മനസ്സില്ലെങ്കിൽ ഇതൊന്നുമില്ല പ്രപഞ്ചവുമില്ല ഒന്നുമില്ല സംസാരം രഘുനന്ദന അല്ലയോ രഘുനന്ദന ഈ വസിഷ്ഠൻ ഈ രാമായണത്തിലെ വസിഷ്ഠൻ ഈ ശ്രീരാമന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണേ അതൊക്കെ കേട്ടിട്ടാണ് അദ്ദേഹം ലക്ഷ്മണനോടും മറ്റും ഇതിൻ്റെ തീർത്തും പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഈ ജഗത്ത് വാസ്തവത്തിൽ ഇല്ല കാണുന്നത് ഉണ്ടെന്നുള്ളതിന് തെടിബം താണുന്നുണ്ടല്ലോ അതാണ് ഭാഗവതത്തിലും മറ്റും ആവർത്തിച്ചാവർത്തിച്ച് സ്വപ്നം നിങ്ങൾ കാണുന്നില്ലേ കാണുമ്പോൾ സ്വപ്നം സത്യമല്ലേ പക്ഷെ ഉണരുമ്പഴ ഇല്ല ഈ സ്വപ്നം എങ്ങനെയുണ്ടായി വാസ്തവത്തിൽ ഈ സ്വപ്നം ഈ ജഗത്തിൻ്റെ ഒന്നരം മാതൃകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നലോകങ്ങളെല്ലാം യഥാർത്ഥത്തിലുള്ളത് ഉണർന്ന് കഴിയുമ്പോൾ സ്വപ്നമില്ലാതാവുന്നു ഈ സ്വപ്നം എങ്ങനെ ഉണ്ടായി ആർക്കും അറിഞ്ഞുകൂട എന്തിനുണ്ടായി അല്ല അതൊക്കെ ഇപ്പോൾ അറിയാം സർവാസന സ്വപ്നമായി മാറുകയാണ് എന്താ ഈ മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ലാത്തവർ എന്തെല്ലാം പോംവഴികളാണ് കണ്ടുപിടിക്കുന്നത് വാസന മനസ്സിൻ്റെ സൂക്ഷ്മരൂപമാണ് എവിടുന്ന് ഉണ്ടായി വാസന ചോദിച്ചാൽ അത് അത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല വാസന ആദ്യം എവിടുന്നുണ്ടായി മായ മായ ഉണ്ടാക്കി എവിടുന്നുണ്ടായി എന്ന് പറയാനേ സാധ്യമല്ല അങ്ങനെയുള്ള വാസന സ്വപ്നത്തെ ഉണ്ടാക്കി ആ വാസന തന്നെയാണ് പ്രപഞ്ചത്തെ ഉണർന്നിരിക്കുമ്പോഴുള്ള പ്രപഞ്ചത്തെയും ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ജഗത്ത് മിഥ്യ ആരെയും കളിപ്പിക്കാൻ പറയുകയല്ല ആചാര്യസ്വാമികളും പറ്റും പറയുന്നത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ഈ സത്യം വെളിപ്പെടുത്തുകയാണ് എന്തിനാ കാരുണ്യം ദുഃഖമൽപ്പമെങ്കിലും കുറച്ച് ജീവിക്കൂ വിശേഷിച്ച് ഇന്നത്തെ ലോകത്ത് കാലത്തെ പത്രമൊക്കെ എടുത്ത് വാ വായിച്ചു നോക്കുക ഈ പ്രപഞ്ചം സത്യമെന്ന് കരുതുന്നവർക്ക് കരയാൻ മാത്രം ഉള്ള വസ്തുതകളെ ഇന്ന് പത്രങ്ങളിലും റേഡിയോകളിലും ടെലിവിഷനിലൊക്കെ ഉള്ളൂ അങ്ങനെയല്ല സാർ കുറച്ച് നൃത്തങ്ങളും ഗീതങ്ങളും ഒക്കെ ഉണ്ടല്ലോ വാസ്തവത്തിൽ ആ നൃത്തങ്ങളും ഗീതങ്ങളും കാണുമ്പോൾ പോലും കരയാനാണ് തോന്നുന്നത് അതാണ് ഇന്നത്തെ ജഗത്തിൻ്റെ സ്ഥിതി അതുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്നും ഒട്ടും പിന്മാറേണ്ട യുദ്ധമാണെങ്കിൽ യുദ്ധം നൃത്തമാണെങ്കിൽ നൃത്തം കഥകളിയാണെങ്കിൽ കഥകളി ഗംഭീരമായിട്ട് ആസ്വദിക്കുക അപ്പോഴൊക്കെ ഈ ജീവിതത്തിൻ്റെ മിഥ്യാത്വം മനസ്സിലുറപ്പിച്ച് ദുഃഖിക്കാതിരിക്കുക വേദാന്തത്തിന് ഇത്രേ താൽപ്പര്യമുള്ളൂ ഇന്നുമുതൽ ഞാൻ ദുഃഖിക്കുകയില്ല എന്നുറപ്പാക്കാമോ ബ്രഹ്മാനന്ദം ഇത്രയുള്ളൂ ബ്രഹ്മാനന്ദത്തിൻ്റെ രഹസ്യം ദുഃഖ സംയോഗവിയോഗം ഗീത പറയുന്നു ദുഃഖമിനി ഒരിക്കലും എന്നെ ബാധിക്കില്ല എന്നുറപ്പ് വരുത്തു നിങ്ങൾ ബ്രഹ്മനിഷ്ഠനായിത്തീരുന്നു ജയോഗം ദുഃഖ സംയോഗ വിയോഗം യോഗസം എന്നാണ് ഗീത പറയുന്നത് അപ്പോൾ നമ്മ എങ്ങനെയും നമ്മുടെ ദുഃഖം ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള ഏർപ്പാടാണ് രാമായണവും ഭാഗവതവും ഗീതയും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അതിനെന്താ മാർഗം ശാസ്ത്രീയമായ ഈ മൂന്ന് കാര്യങ്ങൾ വിചാരം ചെയ്തു ഉറപ്പിക്കുക ബ്രഹ്മസത്യം ജഗന്നിത്യ ജീവോ ബ്രഹ്മൈവ ഇനിയുള്ള രാമായണ ചർച്ചകളിൽ ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ചർച്ചയൊക്കെ കൂടുതൽ തുടരാം നാളെ നമ്മൾ ജീവൻ്റെ പരമരഹസ്യം അതിൻ്റെ പൂർണ്ണ രീതിയിൽ രാമൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് ചർച്ച ചെയ്യും ജഗതീശ്വരൻ നമ്മുടെ ജീവിതത്തെയൊക്കെ കൂടുതൽ കൂടുതൽ സുഖപ്രദമാക്കി തീർക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണ